് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു ദാവിദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആസാ അവന് രാജാവായി അവന്റെ കാലത്ത് ദേശത്തിന് പത്ത് സംവത്സരം സ്വസ്ഥതയുണ്ടായി ആസ തന്റെ ദൈവമായ ഹോവയ്ക്ക് പ്രസാദവും ഹിതവും ആയുള്ളത് ചെയ്തു അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു സ്തംഭവിഗ്രഹങ്ങൾ ഉടച്ച് അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പിനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു അവൻ എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു യഹൂവ അവന് വിശ്രമം നൽകിയതുകൊണ്ട് ദേശത്തിന് സ്വസ്ഥതയുണ്ടാകിയാലും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധം ഇല്ലായികയാലും അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണുതു അവൻ യഹൂദിയരോട് നാം ഈ പട്ടണങ്ങളെ പണിത് അവയ്ക്ക് ചുറ്റും മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും ദൈവമായ ഹോവയെ അന്വേഷിച്ചതുകൊണ്ട് ദേശം നമുക്ക് സ്വാധീനമായിരിക്കുന്നുവല്ലോ നാം അവനെ അന്വേഷിക്കുകയും അവൻ ചുറ്റും നമുക്ക് വിശ്രമം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ വെടിപ്പായി പണിത് തീർത്തു ആസയ്ക്ക് വൻ പരിചയും കുന്തവും ലക്ഷം യഹൂദ്യരും ചെറുപരിചയെടുപ്പാനും വില്ലുകൊലപ്പാനും പ്രാപ്തരായി രണ്ടു ലക്ഷത്തി എൺപതിനായിരം ബന്യുഅമീനും ഉള്ളൊരു സൈന്യം ഉണ്ടായിരുന്നു അവരെല്ലാവരും പരാക്രമശാലികൾ ആയിരുന്നു അനന്തരം കൂശ്യനായ സേര പത്തുലക്ഷം ആളും മുന്നൂറ് രഥവുമുള്ള സൈന്യത്തോടു കൂടെ അവരുടെ നേരെ പുറപ്പെട്ട് മാരേഷ്യ വരെ വന്നു ആസ അവന്റെ നേരെ പുറപ്പെട്ടു അവർ മാരേഷ്യയ്ക്ക് സമീപം സെഫദ താഴ്വരയിൽ പടയ്ക്ക് അണിനിരത്തി ആസ തന്റെ ദൈവമായ ഹോവിയെ വിളിച്ചപേക്ഷിച്ചു യഹോവി ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല ഞങ്ങളുടെ ദൈവമായ ഹോവി ഞങ്ങളെ സഹായിക്കണമേ നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിനു നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു യഹോവേ നീ ഞങ്ങളുടെ ദൈവം മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്നു പറഞ്ഞു അപ്പോൾ യഹോവ ആസയുടെയും യഹൂദ്യരുടെയും മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി കൂശ്യർ ഓടിപ്പോയി ആസയും അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജനവും അവരെ ഗരാർ പിന്തുടരുന്നു കൂശ്യർ ആരും ജീവനോടെ ശേഷിക്കാതെ പട്ടുപോയി അവർ യഹോവയുടെയും അവന്റെ സൈന്യത്തിന്റെയും മുമ്പാകെ നശിച്ചുപോയി അവർ വളരെ കവർച്ചയും എടുത്തുകൊണ്ടുപോന്നു അവർ ഗരാറിന് ചുറ്റുമുള്ള പട്ടണങ്ങളെയെല്ലാം നശിപ്പിച്ചു യഹോവയെങ്കിൽ നിന്ന് ഒരു ഭീതി അവയുടെ മേൽവീണിരുന്നു അവർ എല്ലാ പട്ടണങ്ങളെയും കൊള്ളയിട്ടു അവയിൽ കൊള്ള വളരെ ഉണ്ടായിരുന്നു അവർ നാൽക്കാലികളുടെ കൂടാരങ്ങളെയും ആക്രമിച്ചു അനവധി ഒട്ടകങ്ങളെയും അപഹരിച്ച് യുസലമിലേക്ക് മടങ്ങിപ്പോന്നു